യഹൂദരും ക്രൈസ്തവരും പറഞ്ഞു ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളും അവൻറെ പ്രിയപ്പെട്ടവരുമാണ് പറയുക എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ കാരണം അവൻ എന്തിനാണ് നിങ്ങളെ ശിക്ഷിക്കുന്നത് മറിച്ച് അവൻ സൃഷ്ടിച്ച മനുഷ്യരിൽപ്പെട്ടവർ മാത്രമാണ് നിങ്ങളും അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു ഉദ്ദേശിക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവക്കിടയിലുള്ളവയുടെയും ആധിപത്യം അല്ലാഹു സുബാനഹുവ തായാവിനാണ് അവങ്കിലേക്കാണ് മടക്കം